ാമത്തിന് മഹത്വം ഉണ്ടാകുവാറാകട്ടെ പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വരെ അറിയാവുന്ന ഒരു കൊച്ചു വാക്യം അത് ചിന്തിക്കുകയായിരുന്നല്ലോ ഒന്ന് കോരിന്ത്യർ പതിമൂന്നിൻ്റെ പതിമൂന്നാണ് ആകയാൽ വിശ്വാസം പ്രത്യാശ സ്നേഹം ഇവ മൂന്നും നിലനിൽക്കുന്നു ഇവയിൽ വലിയതോ സ്നേഹം തന്നെ സ്നേഹത്തിൻ്റെ ആ പൗലോസ് അവസാനിപ്പിക്കുന്നത് ഈ വാക്യത്തിലൂടെയാണ് അവിടെ നമ്മളിപ്പോൾ ഇന്ന കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത് ഇവയിൽ വലിയത് സ്നേഹമാണ് എന്തുകൊണ്ടാണ് അതിൽ വലുത് സ്നേഹമാകുന്നത് കാരണം വിശ്വാസവും പ്രത്യാശയുമൊക്കെ ഈ ലോകത്തിൽ മതി നിത്യതയിലും തുടരുന്നത് സ്നേഹമാണ് അതുകൊണ്ടാണ് ഇവയിൽ വലിയത് സ്നേഹമാണ് എന്ന് അപ്പോ സ്ഥലൻ എന്ന് നമ്മളെ ചിന്തിച്ചു അപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞത് ഇവയിൽ വലിയത് സ്നേഹമാണെങ്കിലും ഇവയിൽ ആദ്യത്തേത് വിശ്വാസമാണ് ആകെയാൽ വിശ്വാസം പ്രത്യാശ ആ സ്നേഹം ഇവ മൂന്ന് നിലനിൽക്കുന്നു ആ വാക്യത്തെ നമ്മുടേതായ രീതിയിലൊന്ന് തിരിച്ചു പറഞ്ഞാൽ ഇവ മൂന്ന് നിലനിൽക്കുന്നു ഇവയിൽ ആദ്യത്തേതോ സ്നേഹം തന്നെ സത്യ ആദ്യത്തേതോ വിശ്വാസം തന്നെ ആദ്യത്തേത് വിശ്വാസമാണ് അപ്പം നോക്കുക സത്യത്തെ ഈ വിശ്വാസത്തിലല്ലേ കാര്യങ്ങളുടെ എല്ലാം തുടക്കം നമ്മളെ രക്ഷിക്കപ്പെടുന്നത് കർത്താവിൻ്റെ വരുന്നത് എല്ലാം വിശ്വാസത്തിലാണ് തുടങ്ങുന്നത് അതുകൊണ്ട് ആകെയാൽ വിശ്വാസം പ്രത്യാശ സ്നേഹം ഇവ മൂന്ന് നിലനിൽക്കുന്നു ഇവയിൽ ആദ്യത്തേതോ വിശ്വാസം തന്നെ നമ്മൾ വിശ്വാസത്തെക്കുറിച്ച് ചിന്തിച്ചു വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ അത് കേവലം ഒരു തോന്നലല്ല അല്ലെങ്കിൽ അതെന്തോ ഒരു നമ്മളൊരു കാര്യം വിശ്വാസമുണ്ട് വിശ്വാസമുണ്ടെന്നിങ്ങനെ ഉരുക്കഴിച്ച് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ് നമ്മൾ നമ്മിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന എന്തോ ഒരു കാര്യമല്ല വിശ്വാസത്തിൻ്റെ അധ്യായം എന്ന് പറയാവുന്ന എബ്രാഹർ പതിനൊന്നിന്റെ ആറാമത്തെ വാക്യത്തിൽ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലേ അപ്പൊ ദൈവമുണ്ട് ദൈവമുണ്ട് ആ ദൈവത്തെ വിശ്വസിക്കുക മർക്കോസിന്റെ സുവിശേഷം പതിനൊന്നി ഇരുപത്തിരണ്ടിലും പറയുന്നു ദൈവത്തിൽ വിശ്വാസമുള്ളവർ ആയിരിക്കും അപ്പോ ദൈവമെന്നൊരു വ്യക്തിയോടുള്ള ഒരു അടുപ്പം ആ വിശ്വാസം തന്നിലുള്ള ആശ്രയം അതാണ് യഥാർത്ഥത്തിൽ വിശ്വാസം എന്ന് പറയുന്നത് അപ്പോൾ തന്നെ ദൈവവചനത്തിൽ വിശ്വാസമുള്ളവർക്ക് മാത്രമേ പല കാര്യങ്ങളും നടക്കുകയുള്ളൂ എന്ന് പറയുന്നുണ്ടല്ലോ വിശ്വസിച്ചുകൊണ്ട് യാചിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും വിശ്വാസത്തോടു കൂടിയ നിലയിൽ നമ്മളപേക്ഷിച്ചാൽ അത് ലഭിക്കും കിട്ടും എന്നെല്ലാം പറയുമ്പോൾ അങ്ങനെ ഒരു വശമുണ്ട് അതിന് മർക്കോസിന്റെ സുശേഷം പത്താം അധ്യായം ഇരുപത്തിയേഴാമത്തെ വാക്യം നോക്കുക മർക്കോസ് പത്തിന്റെ ഇരുപത്തിയേഴ് ദൈവത്തിന് സകലവും സാധ്യമല്ലോ എന്ന് പറഞ്ഞു അതിൻ്റെ തൊട്ട് തലേ അധ്യായം മർക്കോസ് ഇരുപത്തി ഒൻപതിൻ്റെ മർക്കോസ് പത്തിന്റെ ഇരുപത്തിയേഴിലാണ് നമ്മൾ ദൈവത്തിന് സകലവും സാധ്യമല്ലോ എന്ന് പറഞ്ഞത് എന്നാൽ അതിൻ്റെ തൊട്ട് തലേ അധ്യായത്തിൽ മർക്കോസ് ഒൻപതിൻ്റെ ഇരുപത്തിമൂന്നിൽ നോക്കുക അവിടെ കാണുന്നത് വിശ്വസിക്കുന്നവന് സകലവും കഴിയുമെന്ന് പറഞ്ഞു കണ്ടോ രണ്ട് കാര്യങ്ങളാണ് ദൈവത്തിന് സകലവും കഴിയും വിശ്വസിക്കുന്നവന് സകലവും കഴിയും അപ്പോൾ കണ്ടോ ദൈവത്തെപ്പോലെയാണ് വിശ്വസിക്കുന്നവനും ദൈവത്തിന് വല്ലതും അസാധ്യമുണ്ടോ ഇല്ല വിശ്വസിക്കുന്നവനും ദൈവത്തെ പോലെയാണ് അവനും സകലവും കഴിയും എന്ന ഈ വാക്യങ്ങളെയൊക്കെ താരതമ്യം ചെയ്തും ഒക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ വിശ്വാസത്തിലൂടെ വിശ്വാസത്തെക്കുറിച്ച് വളരെയേറെ പ്രഘോഷിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന് നമ്മുടെ ചുറ്റുമുള്ള ആ വിശ്വാസലോകത്തൊക്കെ വിശ്വാസത്തെക്കുറിച്ചുള്ള പ്രസംഗങ്ങളും ടി വിയിൽ ഉള്ള പ്രസംഗങ്ങൾ ഒക്കെ വളരെ ഇന്ന് വിശ്വാസത്തോടെ ചോദിച്ചാൽ ദൈവം തരും എന്നുള്ളതിന് ഊന്നൽ നൽകിക്കൊണ്ടാണ് ഇന്നത്തെ ധാരാളം പ്രസംഗങ്ങൾ മറ്റായി ഇരുപത്തൊന്നിൻ്റെ ഇരുപത്തിരണ്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിക്കുകയുണ്ടായി നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്തു ചെയ്യും നിങ്ങൾക്ക് ലഭിക്കും അപ്പം എന്ത് ചെയാലും കിട്ടാനുള്ള ഒരു സൂത്രവാക്യമാണ് വിശ്വാസം എന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ പ്രസംഗിക്കുന്നത് കൊണ്ട് എങ്ങനെയെങ്കിലും വിശ്വാസത്തിലൂടെ നമ്മുടെ സ്വാർത്ഥപരമായ താല്പര്യങ്ങളും ആവശ്യങ്ങളും എല്ലാം സാധിക്കാനായിട്ടുള്ള ഒരു വഴിയായിട്ട് ഇന്ന് ഇതിനെ അങ്ങ് പ്രസൻ്റ് ചെയ്യുകയും അങ്ങനെയുള്ള ഇടത്തേക്ക് ആളുകൾ ഇടിച്ചു കയറിയുമൊക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് പ്രിയപ്പെട്ടവരെ തീർച്ചയായിട്ടും വിശ്വാസത്തിന് ഇങ്ങനെ ഒരു ഭാഗമുണ്ട് നമ്മൾ വിശ്വസിച്ചു നമ്മുടെ കർത്താവിനോട് ചോദിച്ചാൽ അവിടുന്ന് നമുക്ക് തരും ദൈവത്തിന് സകലവും സാധ്യമാണ് വിശ്വസിക്കുന്നവനും സകലവും കഴിയും ഇതെല്ലം ഒരു വശമാണ് ഇതിൻ്റെ ഒരു വശമാണ് അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ ആ ഒരു കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞത് അതുകൊണ്ട് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കാനായിട്ട് ഏഴ് കൂട്ടം കാര്യങ്ങൾ ചെയ്യുന്നതിനെക്കുറിച്ചും വിശ്വാസം വളരെ പ്രധാനപ്പെട്ടതാണ് അത് വർദ്ധിപ്പിക്കണം ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞല്ലോ എന്നാൽ അത് ഒരു വശം പറയുമ്പോൾ തന്നെ അതിൻ്റെ മറുവശം കൂടെ പറയാതെ ഇരുന്നാൽ ഒരു പക്ഷേ തെറ്റിദ്ധരിച്ചു പോകാം നമ്മൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ അയച്ചത് കിട്ടാതിരുന്നാൽ നമ്മൾ നിരാശപ്പെട്ടു പോകാം അതുകൊണ്ട് ഇതിൻ്റെ മറുവശം കൂടെ എന്താ വിശ്വസിച്ചുകൊണ്ട് കർത്താവിനോട് ചോദിച്ചാൽ കർത്താവ് തരുമെന്നൊക്കെ പറയുന്നതിൻ്റെയൊക്കെ ആന്തരാർത്ഥം എന്താണ് അല്ലെങ്കിൽ ഇതിൻ്റെ മറുവശം എന്താണ് ഈ നാണയത്തിൻ്റെ മ മറുഭാഗത്ത് എന്താ പറയുന്നത് ഈ കാര്യം കൂടെ ദൈവജനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിച്ച് വിശ്വാസത്തെക്കുറിച്ച് വളരെ സന്തുലിതമായ വളരെ ബാലൻസ്ഡ് ആയ ഒരു കാഴ്ചപ്പാട് നമ്മൾ വെച്ച് പുലർത്തിയില്ലെങ്കിൽ ഒരുപക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിലെ പോലെ വിശ്വാസം എങ്ങനെയെങ്കിലും വിശ്വാസം കിട്ടി അതുകൊണ്ട് നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ സാധിക്കാനുള്ള ഒരു എളുപ്പവഴി അതാണ് വിശ്വാസം അതാണ് ക്രിസ്തീയതയുടെ ആകത്തുക എന്നൊക്കെ ഒരുപക്ഷെ ചിന്തിച്ചു പോകാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് നമുക്ക് വിശ്വാസത്തെ ഏറ്റവും കൂടുതൽ പറഞ്ഞ ഒരാള് അപ്പോസലിനായ പൗലോസാണല്ലോ പൗലോസ് ഒപ്പത്തന്നെ തൻ്റെ സ്വന്തം കാര്യം പറയുന്ന വാഗം നമുക്കറിയാം രണ്ട് കോരിന്ത്യ പന്ത്രണ്ടിൻ്റെ എട്ട് ഒമ്പത് വാക്യങ്ങളാണ് അവിടെ രണ്ട് കോരിന്ദ്ര കോരിന്തു പന്ത്രണ്ടിൻ്റെ എട്ട് ഒമ്പത് വാക്യങ്ങൾ അവിടെ പൗലോസ് പറയുന്നു തനിക്ക് ജഡത്തിലൊരു ശൂലമുണ്ട് ആ ശൂലം വിട്ടു നീങ്ങേണ്ടതിന് മൂന്നുവട്ടം കർത്താവിനോട് അപേക്ഷിച്ചു പൗലോസ് എങ്ങനെ ആയിരിക്കും മൂന്ന് വട്ടം അപേക്ഷിച്ചത് വിശ്വാസം ഇല്ലാതാണോ അപേക്ഷിച്ചത് തീർച്ചയായിട്ടും പറഞ്ഞിട്ടുള്ള പൗലോസ് തീർച്ചയായിട്ടും വിശ്വാസത്തോടുകൂടെ തന്നെ ആയിരിക്കും ദൈവത്തോട് അപേക്ഷിച്ച് ദൈവമേ ഈ ശീ ശൂലം നീ നീക്കിത്തരണം നീക്കി തന്നാൽ കൂടുതൽ പോകാനും കൂടുതൽ സുവിശേഷം വേലയോടുള്ള ബന്ധത്തിൽ സഞ്ചരിപ്പാനും ഒക്കെ എനിക്കിടയാകും അതുകൊണ്ട് ദൈവനാമത്തിന് തന്നെയാണ് അത് പ്രയോജനം അതുകൊണ്ട് ഈ ശൂലം മാറിപ്പോകും എന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നവന് സകലവും കഴിയും എന്നാൽ പറഞ്ഞിട്ടുണ്ടല്ലോ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്തു ചെയ്യാലും ലഭിക്കും എന്നാൽ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നെല്ലാം ഒരു പക്ഷേ പൗലോസ് പറഞ്ഞ് വിശ്വാസത്തിൻ്റെ വാക്കുകൾ ആവർത്തിച്ചു ഈ ജഡത്തിലെ ശൂലം നീങ്ങി പോകേണ്ടതിനു വേണ്ടി അപേക്ഷിച്ചത് എന്നാൽ അങ്ങനെ പൗലോസ് അപേക്ഷിച്ചപ്പം അതിനുള്ള മറുപടി എന്തായിരുന്നു നമുക്കറിയാം അവൻ എന്നോട് എൻ്റെ കൃപ നിനക്ക് മതി എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു പൗലോസിൻ്റെ ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെ ആ ശൂലം തന്നെ വിട്ടുപോയില്ല എന്ന് നമ്മൾ കാണുന്നു പൗലോസ് അങ്ങനെ അങ്ങനെ തന്നെ തൻ്റെ ശൂലം മാറിപ്പോകാൻ ഇടയാകാത്തത് പൗലോസിൻ്റെ എന്തെങ്കിലും ജീവിതത്തിലെ തകരാറാണോ അല്ല പൗലോസിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് അന്നത്തെ കാലഘട്ടത്തിലെ ഒന്നാം നൂറ്റാണ്ടിലെ പത്രോസ് പൗലോസ് തുടങ്ങിയവരെ കുറിച്ചൊക്കെ നമ്മൾ വായിക്കുന്നത് അവരെ വിശ്വാസത്തിൻ്റെ ഒരു ആൾരൂപം തന്നെ ആയിരുന്നു അപ്പോൾ ചിലപ്പോവർത്തി അഞ്ചിൻ്റെ പതിനഞ്ചിൽ പത്രോസ് നടന്നു പോകുമ്പോൾ പത്രോസിൻ്റെ നിഴൽ തട്ടിയാൽ ആളുകൾ സൗഖ്യമാകുമായിരുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത് അപ്പോൾ ചിലപ്പവർത്തി പത്തൊൻപതിൻ്റെ പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങളിൽ പൗലോസിൻ്റെ ഉറുമാല് കൊണ്ടുവന്ന് കർച്ചീഫ് കൊണ്ടുവന്ന് രോഗികളുടെ മേലിട്ട് രോഗികൾ സൗഖ്യം പ്രാപിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത് അങ്ങനെയുള്ള പൗലോസ് സ്വന്തം കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എന്തുകൊണ്ട് അത് നടന്നില്ല പൗലോസിൻ്റെ കാര്യം മാത്രമല്ല നമ്മൾ പൗലോസ് തൻ്റെ വിശ്വാസത്തിൽ നിജപുത്രനായ തീമത്യോസിനെ പറയുന്നത് നമ്മൾ കാണുന്നുണ്ട് ഒന്ന് തീമത്തിയോസ് അഞ്ചിൻ്റെ ഇരുപത്തി മൂന്നില് നിന്റെ അജീർണതയും കൂടെ കൂടെയുള്ള ക്ഷീണതയും നിമിത്തം വീഞ്ഞൊരു ഔഷധം പോലെ സേവിച്ചോളം പറയുന്നുണ്ട് രണ്ട് തീമത്തിയോസ് നാലിൻ്റെ ഇരുപതിൽ പൗലോസ് പറയുന്നു ഞാൻ ത്രൊഫിമോസിനെ ിലയത്തിൽ രോഗിയായി വിട്ടേച്ചു പോന്നു എത്രയോ പേരെ സൗഖ്യമാക്കിയതാണ് ഉറുമാലിട്ട് തന്നെ ആളുകളെ സൗഖ്യമാക്കിയ ആളാണ് പൗലോസ് ആ പൗലോസ് തൻ്റെ സഹപ്രവർത്തകനായ ത്രൊഭിമോസിനെ സൗഖ്യമാക്കാൻ കഴിയാതെ അവനെ രോഗിയായി വിട്ടേച്ചു പോന്നു അതുപോലെ തന്നെ ധീമത്യോസിൻ്റെ ക്ഷീണതയും അജീർണതയും ഒന്നും പ്രാർത്ഥിച്ചു മാറ്റാനായിട്ട് താന് ശ്രമിച്ചതായിട്ടല്ല കാണുന്നത് ഫിലിപ്പിയർ രണ്ടിൻ്റെ ഇരുപത്തഞ്ച് ഇരുപത്തി ആറിലെ എപ്പഭ്രാദിത്തോസ് ദീനമായി കിടന്നിടത്തും താന് പ്രാർത്ഥിച്ച് സൗഖ്യം നൽകിയെന്നൊന്നുമല്ല നമ്മൾ കാണുന്നു പ്രിയപ്പെട്ടവരെ നമ്മൾ പറഞ്ഞു വന്നത് പൗലോസിൻ്റെ സ്വന്തം ജീവിതത്തിലാകട്ടെ തൻ്റെ സഹപ്രവർത്തകരായ തീമത്യോസിൻ്റെ ത്രൊഫിമോസിൻ്റെ എപ്പഭ്രാതിത്തോസിൻ്റെ ഒക്കെ ജീവിതത്തിലാകട്ടെ ചിലരുടെ രോഗങ്ങൾക്ക് പ്രാർത്ഥിച്ചു പക്ഷെ അത് സൗഖ്യമായില്ല സൗഖ്യമാകാതിരുന്നപ്പോൾ അത് പൗലോസിൻ്റെ ജീവിതത്തിലെ വിശ്വാസത്തിൻ്റെ കുറവായിട്ടല്ല നമ്മൾ അതിനെ കാണേണ്ടത് നമ്മളും പ്രാർത്ഥിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നത് മറുപടി തന്നുകൊള്ളണമെന്നില്ല അത് അതിൻ്റെ പിന്നിൽ ദൈവത്തിന് ദൈവത്തിൻ്റെതായ ഒരു ഹിതമുണ്ട് ആ കാര്യങ്ങളൂടെ നമ്മൾ കൺ നമ്മൾ സന്തുലിതയോടെ മുന്നോട്ട് പോയാലേ വിശ്വാസത്തെ നമ്മുടെ കാഴ്ചപ്പാട് ശരിയായിരിക്കുകയുള്ളൂ നമ്മൾ പറഞ്ഞു കൊണ്ടിരുന്നത് പ്രത്യാശയ്ക്കും സ്നേഹത്തിനുമൊക്കെ മുമ്പ് തുടങ്ങുന്നത് വിശ്വാസത്തിലാണ് വിശ്വാസം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നാണ് പറഞ്ഞത് എന്ന് മാത്രമല്ല വിശ്വസിക്കുന്നവന് സകലവും കഴിയും വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്തു നമുക്ക് ലഭിക്കും എന്നെല്ലാം നമ്മൾ ദൈവവചനത്തിലെ വാഗ്ദാനങ്ങൾ കാണുന്നുണ്ട് അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ഊന്നി പറയുമ്പോൾ തന്നെ ആ പൗലോസിന്റെ ജീവിതത്തിൽ തൻ്റെ സ്വന്തം ജീവിതത്തിലെ ചില കാര്യങ്ങൾ പ്രാർത്ഥിച്ചിട്ടും മാറിപ്പോയില്ല തൻ്റെ സഹപ്രവർത്തകരായിരുന്ന തീമത്യോസിൻ്റെയും ത്രിഭിമോസിൻ്റെയും എപ്പഭ്രാദിത്യോസിൻ്റെ കാര്യത്തിൽ ആ നിലയില് ഒരു രോഗസൗഖ്യം പെട്ടെന്ന് അത്ഭുതമായിട്ട് നടന്നതായിട്ട് നമ്മൾ കാണുന്നില്ല അപ്പോ ഈ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു വന്നതിൽ നിന്ന് ഒരു വ്യത്യസ്തമായ ഒരു കാര്യമാണല്ലോ ഇവിടെ ഉള്ളത് പ്രിയപ്പെട്ടവരെ നമ്മൾ പറഞ്ഞു വന്നതിനെ നമുക്കിങ്ങനെ സംക്ഷേപിപ്പാനായിട്ട് കഴിയും എന്ന് തോന്നുന്നു നമുക്ക് രണ്ട് വാക്യങ്ങൾ ഇതിന ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് രണ്ട് വാക്യങ്ങൾ നമുക്ക് വായിക്കാം യോഹനാൻ്റെ സുശേഷം പതിനേഴാമത്തെ അധ്യായത്തിൻ്റെ മൂന്നാമത്തെ വാക്യമാണ് കർത്താവായ യേശു തന്നെ പറയുന്ന ഒരു വാക്യമാണ് ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു നിത്യജീവൻ ആ ഇറ്റേണൽ ലൈഫ് നിത്യജീവൻ നിത്യജീവൻ എന്ന് പറയുന്നത് എന്താ ഇവിടെ നമ്മൾ കാണുന്നത് ഏകസത്യദൈവുമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു കർത്താവ് പറഞ്ഞിട്ടുള്ള നിത്യജീവനെ കുറിച്ചുള്ള വളരെ പ്രശസ്തമായ ഒരു വാക്യമുണ്ട് ഏതാണ് യോഹനാൻ മൂന്ന് പതിനാറ് പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്നു തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ് ലോകത്തെ സ്നേഹിച്ചു കണ്ടോ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുക ആ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ അവൻ നിത്യജീവൻ പ്രാപിക്കണം അപ്പോ അത് വിശ്വാസത്തിലൂടെ ആണ് ആ നിത്യജീവൻ പ്രാപിക്കുന്നത് എന്നാൽ അതിൻ്റെ ഒരു പരലൽ വാക്യം പോലെ ആ വാക്യത്തെ യോഹനാൻ മൂന്നിന്റെ പതിനാറിനെ യോഹനാൻ പതിനേഴിൻ്റെ മൂന്നുമായിട്ട് നമ്മളൊന്ന് താരതമ്യം ചെയ്താലോ തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന എന്നല്ല യോഹന്നാൻ പതിനേഴിൻ്റെ മൂന്നിൽ പറയുന്നത് മറിച്ച് എന്താ കർത്താവിനെ അറിയുന്നതാണ് നിത്യജീവൻ അപ്പോൾ ഈ രണ്ട് വാക്യങ്ങളെ താരതമ്യം ചെയ്താൽ നമുക്കിങ്ങനെ പറയാം വിശ്വാസം എന്ന് പറയുന്നത് കർത്താവിനെ അറിയുന്നതൂടെയാണ് കർത്താവിനെ അറിയുക കർത്താവിനെ അറിയുക കർത്താവ് ഈ കാര്യത്തിൽ എന്താണ് കർത്താവിൻ്റെ ഹിതം അത് അറിയുന്നതും വിശ്വാസമാണ് നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ പൗലോസ് തൻ്റെ തന്നെ ജഡത്തിലെ ശൂലം വിട്ടു നീങ്ങേണ്ടതിന് കർത്താവിനോട് അപേക്ഷിച്ചു മൂന്ന് വട്ടം പ്രാർത്ഥിച്ചു പക്ഷേ മൂന്നുവട്ടം പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ കൃപ നിനക്ക് മതി എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു എന്ന് കർത്താവ് അവനോട് പറഞ്ഞപ്പോൾ അവന് എന്തു മനസ്സിലായി കർത്താവിനെ അറിയാവുന്നതുകൊണ്ട് കർത്താവിൻ്റെ ഇത് സംബന്ധിച്ചുള്ള ഹിതം അവനും മനസ്സിലായി ആ കർത്താവിനെ അറിയുന്നത് യേശു അറിയുന്നതാണ് നിത്യജീവൻ കർത്താവിനെ വിശ്വസിക്കുന്നതാണ് നിത്യജീവൻ അപ്പോ ഓ കർത്താവിനെ അറിഞ്ഞ ആ ഒരു കാര്യം പൗലോസിൻ്റെ വിശ്വാസമായിട്ടാണ് അല്ലാതെ അത് വിശ്വാസത്തിൻ്റെ കുറവായിട്ടല്ല നമ്മൾ കാണേണ്ടത് ഞാനാ പറഞ്ഞത് ഏർ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചില കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു അത് നടന്നില്ല എന്നിരിക്കട്ടെ നമ്മൾ പൗലോസിനെ പോലെ മൂന്ന് വട്ടമല്ല പലവട്ടം പ്രാർത്ഥിച്ചു പക്ഷെ അത് നടന്നില്ല നടക്കാതെ വരുമ്പോൾ അത് നമ്മൾ അതിന് നമ്മൾ കർത്താവിനെ അറിയണം ഈ കാര്യത്തിൽ കർത്താവിൻ്റെ ഹിതം എന്താണ് ഏകസത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു അറിയുന്നതാണ് നിത്യജീവൻ തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നവനാണ് നിത്യജീവൻ പ്രാപിക്കുന്നത് നിത്യജീവൻ രണ്ടിടത്തുമുണ്ട് അപ്പോൾ മറുവശത്തെന്താ വിശ്വാസം സമം അറിയുക എന്നൊരു ചെറിയ ഇക്വേഷനിലേക്ക് നമുക്ക് വരാനായിട്ട് കഴിയും അപ്പം ദൈവഹിതം അറിഞ്ഞ് ഈ കാര്യത്തിൽ ദൈവത്തിൻ്റെ ഹിതം ഈ നിലയിലായിരിക്കും പ്രിയപ്പെട്ടവർ ദൈവത്തിൻ്റെ ഹിതം നമുക്ക് പലപ്പോഴും നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്ന ആളുകളെന്നുള്ള നിലയിൽ നമുക്ക് പലപ്പോഴും വേണ്ടതുപോലെ മനസ്സിലാക്കാനായിട്ട് കഴിയില്ല നമ്മൾ രണ്ട് കോരിന്തേർ നാലിൻ്റെ പതിനെട്ടില് നമ്മൾ പറയുന്നല്ലോ അവിടെ വായിക്കുന്നുണ്ട് കാണുന്നതിനെയല്ല കാണാത്തതിനെ അത്രയും ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു കാണുന്നത് താൽക്കാലികം കാണാത്തതോ നിത്യം അപ്പം നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ ലോകത്ത് ഇത് ഇത് താൽക്കാലികമായ ഒരു ലോകമാണ് ഇതിനപ്പുറത്ത് നമ്മൾ കാണാത്ത നിത്യമായ ഒരു ലോകമുണ്ട് ആ കാണാത്ത നിത്യമായ ലോകത്ത് നിന്നാണ് കർത്താവ് നമ്മളീ കാണുന്ന താൽക്കാലികമായ ലോകത്തേക്ക് താൻ അവതരിച്ചത് അതിനുശേഷം കർത്താവ് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് വീണ്ടും ആ നിത്യതയിലേക്ക് പോയി അപ്പോൾ ആ കാണാത്ത നിത്യതയിൽ നിന്ന് കാര്യങ്ങളെ നോക്കുമ്പം പലതും നമ്മൾ ഇന്ന് കാണുന്ന താൽക്കാലികമായ ഒരു കാഴ്ചപ്പാടിൽ നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ ദൈവം കാണുന്നത് നമ്മളെ കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ച് തന്നെ നമ്മൾ നോക്കുക നമ്മൾ കർത്താവിൻ്റെ കർത്താവ് തൻ്റെ താൻ കണ്ട ആളുകളെയൊക്കെയും സൗഖ്യമാക്കിയല്ലോ പക്ഷേ കർത്താവ് ദേവാലയ ഗോപുരവാതുക്കൽ ഇരുന്ന സുന്ദരൻ ഗോപുരവാതുക്കൽ ഇരുന്ന ഒരു മൊടന്തൻ കർത്താവിൻ്റെ പരശിശുശ്രൂഷാകാലത്തും അവിടെ ഇരുന്നവനാണ് പക്ഷേ കർത്താവ് എന്തു ചെയ്തില്ല അവനെ സൗഖ്യമാക്കിയില്ല ബേസേത കൊളക്കരയിൽ കിടന്ന ഒരുവനെ അങ്ങോട്ട് ചെന്ന് കർത്താവ് സൗഖ്യമാക്കി പക്ഷേ ഈ ഇറശിലേയും ദേവാലയത്തിൽ ദേവാലയത്തിന് പല പ്രാകാരങ്ങളുണ്ടല്ലോ ജാതികളുടെ പ്രാകാരം സ്ത്രീകളുടെ പ്രാകാരം എന്നൊക്കെയുള്ള അതിനടുത്തുള്ള ഒരു ഗോപുരമാണ് ഗോപുര വാതിലാണ് സുന്ദരം എന്ന് പറയുന്നത് അവിടെ ഒരു മുടന്തനിരുന്ന് ഭിക്ഷയായിച്ചു കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാലത്തും കർത്താവ് കടന്നു വന്നപ്പോഴും ദേവാലയത്തിൽ പലവട്ടം കർത്താവ് വന്നപ്പോഴും ഇവൻ ഭിക്ഷ ചോദിച്ചിരിക്കും പക്ഷേ കർത്താവ് അവനെ അന്നേരം സൗഖ്യമാക്കിയില്ല കാരണം എന്താ കാരണം നമ്മൾ അപ്പോ സ്ഥലപ്രവൃത്തി മൂന്നിൻ്റെ ഒന്ന് മുതൽ പത്ത് വരെയാണ് കാണുന്നത് പത്രോസി യോഹനാനും അവനെ സൗഖ്യമാക്കി അതിൻ്റെ ഫലമായിട്ട് സുവിശേഷത്തിൽ അനേകർ വിശ്വസിപ്പാനിടയായി അപ്പം കണ്ടോ ഈ കാണുന്ന താൽക്കാലികമായ ഒരു തലത്തിലല്ല ദൈവം കാര്യങ്ങളെ വീക്ഷിക്കുന്നതും ആ ദൈവം പദ്ധതികൾ തയ്യാറാക്കുന്നതും ഏർ അതിൻ്റെ തുടക്കത്തിൽ തന്നെ അതിൻ്റെ അവസാനം അറിയുന്ന ദൈവം ഭാവിയെ കാണുന്ന ദൈവം അവിടുന്ന് എന്ത് ചെയ്തു അവിടുന്ന് ഈ മുടന്തനെ സൗഖ്യമാക്കാതെ വിട്ടു കാരണം തനിക്കറിയാം പിന്നീട് ആ പത്രോസിംഗ് ആ നിലയില് ഇവനെ സൗഖ്യമാക്കട്ടെ എന്ന് അവിടുന്ന് വിചാരിച്ചിരിക്കും ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ കാണുന്നതിനെ അല്ല കാണാത്തതിനെ അത്ര ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു കാണാത്തത് താൽക്കാലികം കാണുന്നത് താൽക്കാലികം കാണാത്തതോ നിത്യം കാണാത്ത നിത്യമായ ഒരു തലത്തിൽ നിന്ന് കാര്യങ്ങളെ കാണുന്ന കർത്താവ് ചെയ്യുന്നത് എന്താണെന്ന് തനിക്കറിയാം അപ്പോ ചില പ്രവർത്തി പന്ത്രണ്ടിൻ്റെ രണ്ടോ മൂന്നോ വാക്യങ്ങൾ നോക്കുക അവിടെ ഹേരോദാവ് രണ്ട് പേരെ പിടിച്ച് തടവിലാക്കുന്നു അതിൽ യാക്കോബിനെ എന്ത് ചെയ്തു യാക്കോബിനെ ഹേരോദാവ് കൊന്നു എന്നാൽ പത്രോസിനെയോ പത്രോസിനെ ഹേരോദാവ് ജയിലിലാക്കി തടവിലാക്കി പക്ഷെ ദൈവത്തിന്റെ ദൂതൻ വന്ന് പത്രോസിനെ വിമോചിപ്പിച്ചു നമ്മൾ വിചാരിക്കും എന്തുകൊണ്ടാ രണ്ടുപേരെ യാക്കോബിന് എന്തെങ്കിലും തെറ്റുണ്ടായിട്ടാണോ അല്ല യാക്കോബ് യോഹനാന്റെ സഹോനായ യാക്കോബ് അപ്പോസ്തലൻ വളരെ നല്ല ഒരു അപ്പോസ്തലാണ് വിശ്വാസമുള്ളയാളാണ് പക്ഷേ തന്നെ ദൈവം എന്തു ആ മരണത്തിൽ നിന്ന് രക്തസാക്ഷി മരണത്തിൽ നിന്ന് വിടുവിച്ചില്ല പത്രോസിനെ അന്നേരം ഹേരോദാവിൻ്റെ കയ്യിൽ നിന്ന് ദൈവം ദൂതനെ അയച്ച് വിടുവിച്ചു സുന്ദര ഗോപുരവാദക്കല്ലേ ഉള്ള മുടന്നനെ കർത്താവ് സൗഖ്യമാക്കിയില്ല പിന്നീട് പത്രോസും യോഹനാനും സൗഖ്യമാക്കി ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ കാര്യങ്ങളെ കാണുന്നത് ദൈവം കാണുന്നത് നമ്മളേശാവിൻ്റെ പുസ്തകം അമ്പത്തഞ്ചിൻ്റെ എട്ടോ ഒമ്പതോ വാക്യങ്ങൾ വളരെ പ്രശസ്തമായ വാക്യങ്ങളാണ് ഏഷ്യാവിന്റെ പുസ്തകം അമ്പത്തി അഞ്ചിന്റെ എട്ട ഒമ്പതാം വാക്യങ്ങൾ എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല നിങ്ങളുടെ വഴികൾ എൻറെ വഴികളുമല്ല എന്ന് ഹോവെ അരുളി ചെയ്യുന്നു ആകാശം ഭൂമിക്കുമീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻറെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു കണ്ടോ ദൈവം നിത്യതയിൽ നിന്ന് കാര്യങ്ങളെ കാണുമ്പോ ഓ അതിന്റെ തുടക്കത്തിൽ തന്നെ അവസാനം അറിയുന്ന ദൈവം അവിടുത്തെ വിചാരങ്ങൾ നമ്മളിൽ നിന്ന് വ്യത്യസ്തമാണ് അതുകൊണ്ട് നമ്മുടെ ചില പ്രാർത്ഥനയ്ക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന നിലയിൽ മറുപടി നൽകിയില്ലെങ്കിലും നമ്മുടെ വിശ്വാസത്തിൻ്റെ കുറവ് കുറവാണത് എന്ന് കാണാതെ വിശ്വാസം എന്ന് പറയുന്നത് അവനെ അറിയുന്നതാണ് അതാണ് നിത്യജീവൻ ഏകസത്യദൈവുമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നതാണ് അതാണ് വിശ്വാസത്തിൻ്റെ തലം എന്ന് നമ്മൾ ചിന്തിച്ചതുപോലെ കർത്താവിനെ അറിയുക അവിടുന്ന് ചില കാര്യങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് അവിടുന്ന് ചെയ്യാൻ പോകുന്ന എന്താണെന്ന് താൻ അറിയുന്നു എന്ന് കർത്താവിനെ കർത്താവിനെ വിശ്വസിച്ച് നമ്മൾ ആ കാര്യത്തിൽ സ്വസ്ഥതയോടെ ഇരിക്കുകയാണ് വേണ്ടത് അല്ലാതെ നമ്മൾ നിരാശപ്പെട്ടു പോവുകയോ ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടില്ല എനിക്കെന്തോ കുഴപ്പങ്ങളുണ്ട് അല്ലെങ്കിൽ ദൈവം പ്രാർത്ഥന കേൾക്കുന്നില്ല ഇങ്ങനെയൊക്കെ നമ്മൾ നിരാശപ്പെട്ട് പിശാജിൻ്റെ ആ നിലയിലുള്ള തന്ത്രങ്ങളിൽ വീണു പോകാതെ നമ്മൾ കർത്താവിനെ കൂടുതൽ അറിയാനായിട്ട് പ്രിയപ്പെട്ടവരെ അതും വിശ്വാസത്തിൻ്റെ ഒരു നിലപാടാണ് ഈ കാര്യത്തിൽ ദൈവത്തിൻ്റെ ഹിതം എന്താണ് കർത്താവിൻ്റെ ഹിതം എന്താണ് കർത്താവ് എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് അറിയുന്നത് തന്നെയാണ് വിശ്വാസം ആ വിശ്വാസത്തിൽ ശക്തിപ്പെടുന്നവരായിട്ട് പൗലോസ് തൻ്റെ ജഡത്തിലെ ശൂലം നീങ്ങിയില്ലെങ്കിലും വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു പോയതുപോലെ നമുക്കും ഈ കാര്യങ്ങളെ വിശ്വാസത്തെ കർത്താവിനെ അറിയുന്ന ഒരു തലത്തിൽ ഒരു ബന്ധം എന്നുള്ള നിലയിൽ ദൈവത്തോടുള്ള വ്യക്തിപരമായ ആ ബന്ധമാണ് അതാണ് വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ആത്യന്തികമായിട്ട് കൊണ്ടുവരേണ്ട ഒരു കാര്യം എന്ന് മനസ്സിലാക്കി അത് നമ്മൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുകയും ദൈവത്തെ സ്തുതിക്കുകയും നിരാശപ്പെടാതിരിക്കുകയുമാണ് വേണ്ടത് പ്രിയമുള്ളവരെ വിശ്വാസം എന്ന് പറയുന്നത് നമ്മൾ ചോദിക്കുന്നതെല്ലാം കിട്ടുന്നത് മാത്രമല്ല ആ നമ്മള് കർത്താവിന് ആ കാര്യത്തിലുള്ള കർത്താവിൻ്റെ ഹിതം എന്താണെന്ന് കർത്താവിനെ കൂടുതൽ അറിയുന്നതും ആ ബന്ധം കൂടുതൽ സുദൃഢമാകുന്നതും വിശ്വാസം തന്നെയാണ് എന്നാണ് നമ്മളെ ചിന്തിച്ചു കൊണ്ടിരുന്നത് ഇന്നത്തെ ലോകത്തിന് അങ്ങനെയൊക്കെ പറഞ്ഞാൽ വേണ്ടതുപോലെ മനസ്സിലാവുകയില്ല പക്ഷെ നമുക്കും എന്തുകൊണ്ട് അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചതിനും നമ്മൾ ആഗ്രഹിക്കുന്ന നിലയിൽ മറുപടി കിട്ടിയില്ല എന്നൊരു പക്ഷേ നമ്മളും ചിന്തിച്ചു പോയേക്കാം എന്നാൽ ചില കാര്യങ്ങൾക്കുള്ള ഉത്തരം നമ്മൾ നിത്യതയിൽ ചെല്ലുമ്പോഴേ നമുക്ക് ലഭിക്കുകയുള്ളു ഞാൻ വിശ്വാസിനിയായ ഒരു മാതാവിൻ്റെയും അവളുടെ മകളുടെയും ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട് ഈ മകളും അമ്മയും അവർ വളരെ പാവപ്പെട്ട ആളുകളാണ് അവരവരുടെ ജീവിതത്തിലെ ചില കാര്യങ്ങൾക്ക് അമ്മയും മോളും കൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അമ്മ മോളുടെ വിശ്വാസം വർദ്ധിപ്പിക്കാനായിട്ട് മോളോട് പറഞ്ഞു മോളെ വിശ്വസിച്ചു കൊണ്ട് പ്രാർത്ഥനയിൽ എന്തുചാച്ചാലും നമുക്ക് കിട്ടും ആ കുഞ്ഞും അത് ഏറ്റെടുത്ത് അവളും വിശ്വാസത്തോടെ അമ്മയോടൊപ്പം പ്രാർത്ഥിച്ചു പക്ഷെ പല ദിവസങ്ങൾ പ്രാർത്ഥിച്ചിട്ടും ആ കാര്യം ലഭിച്ചില്ല ഒടുവിൽ അത് നടക്കുകയില്ല എന്നവരെ മനസ്സിലാക്കി മനസ്സിലാക്കിയപ്പോഴും അമ്മ അതിന് പതറിപ്പോയില്ല അമ്മ ഒരു ദിവസം കാര്യമൊക്കെ ചിന്തിച്ചും പ്രാർത്ഥിച്ചും മൗനമായിട്ടിരുന്ന് ഒരു മേശയുടെ മേശവിരി മേശവിരിയിലൊരു പൂവ് തയ്ച്ചു പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഈ മോളുമെല്ലേ അടുത്ത് വന്നു അവളുടെ കുഞ്ഞിൻ്റെ മനസ്സിലെ പല സംശയങ്ങളുണ്ട് അവൾ അമ്മയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അമ്മേ നമ്മളിങ്ങനെയൊക്കെ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും യേശു അപ്പച്ഛൻ ചെയ്തു തന്നില്ലല്ലോ നമുക്കത് കിട്ടിയില്ലല്ലോ നമ്മൾ ആഗ്രഹിച്ചതുപോലെ നടന്നില്ലല്ലോ ദൈവം അത് തരുന്നതല്ലായിരുന്നോ ഭംഗി തരാതിരുന്നത് ഭംഗിയാണോ ആളുകളുടെ മുമ്പാകെ ദൈവനാമം മഹത്വപ്പെടാൻ അത് തന്നായിരുന്നെങ്കിൽ അതല്ലായിരുന്നു കൂടുതൽ ഭംഗിയുള്ളത് അതിന് പകരം തരാതിരുന്നത് കൊണ്ട് ദൈവത്തിന് എന്നാ കിട്ടി എന്നൊക്കെ അവൾ അവളുടെ ശിശുസഹജമായ രീതിയിൽ അമ്മയോട് ചോദിച്ചു അമ്മയപ്പം അവൾ ഒരു മേശവിരി തയ്ച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ മേശവിരിയിൽ അവളൊരു നല്ല മനോഹരമായ പൂവ് പല കളറിലുള്ള നൂല് ഉപയോഗിച്ച് തയ്ച്ചുകൊണ്ടിരിക്കയായിരുന്നു അപ്പം അമ്മ പറഞ്ഞു അമ്മ അമ്മ വളരെ സാവധാനതയോടെ മോളോട് പറഞ്ഞു മോളെ കണ്ടോ ഞാൻ ഈ മേശവരിയുടെ മുകളിൽ ഒരു പൂവ് തയ്ച്ചു വെക്കുന്നു എത്ര മനോഹരമായിരിക്കുന്നു അപ്പം കുഞ്ഞ് പറഞ്ഞു നല്ലതാ കാണാൻ നല്ലതാ നല്ല പൂവാ നല്ല പൂ കണ്ടാലും ഒന്ന് നോക്കും അപ്പം അമ്മ പറഞ്ഞു എന്നാൽ നീ ഈ മേശവരിയുടെ ഞാൻ തയ്ക്കുന്നതിൻ്റെ മറുവശം നീ ഒന്ന് കണ്ടു നോക്ക് എന്ന് പറഞ്ഞ് അമ്മ താൻ തയ്ച്ചുകൊണ്ടിരുന്ന മേശവിരി ഒന്ന് തിരിച്ചിട്ട് കാണിച്ചു കൊടുത്തു തിരിച്ചിട്ടപ്പോൾ എന്താ കാണുന്നത് നൂല് തലങ്ങും വിലങ്ങും ഒക്കെ ഓടുക ആ പല നിലയില് കാണാനൊരു ഭംഗിയൊന്നുമില്ല ഏഹ് ആ മറുവശത്ത് കണ്ട ആ പൂവിൻ്റെ ഭംഗിയൊന്നും ഈ ഉള്ളിലത്തെ ആ വശത്തില്ല അവിടെ നൂലങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയത് പോലെ കാണുന്നതേയുള്ളൂ ആ മോളെ ഈ കാര്യം കാണിച്ചിട്ട് അമ്മ പറഞ്ഞു മോളെ നമ്മൾ ഈ മേശവിരിയുടെ എല്ലാവരും കാണുന്ന ആ മേളിലിടുന്ന മനോഹരമായ പൂവുള്ള ഭാഗം അത് നിത്യതയാണ് നിത്യതയാണ് നമ്മൾ നിത്യതയെ ചെല്ലുമ്പോഴേ നമുക്കിത് കിട്ടാതെ പോയതിൻ്റെ മനോഹാരിത നമുക്കവിടെ വെച്ചേ മനസ്സിലാകുള്ളൂ ഇപ്പം നമ്മളിവിടെ ഈ ലോകത്തായിരിക്കുന്നു ഈ ലോകമെന്ന് പറയുന്നത് കാണുന്ന താൽക്കാലികമായ ലോകമാണ് ഈ കാണുന്ന താൽക്കാലികമായ ലോകത്ത് നമ്മൾ നോക്കുമ്പം ഞാനിപ്പം ഈ തുന്നിക്കൊണ്ടിരുന്ന ഈ പൂവിൻ്റെ മറുവശം ഈ മേശവരിയുടെ മറുവശത്ത് ഒരു ഭംഗിയില്ലാതെ നൂലുകൾ അങ്ങനെ ഇങ്ങനെ ഒക്കെ ഓടി ഒന്നും ഒരു രൂപോ ഒരു ഭംഗിയില്ലാതിരിക്കുന്നത് പോലാണ് ഇവിടെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന നിലയിൽ മറുപടി കിട്ടിയില്ലെങ്കിലും നമ്മൾ ഈ ലോകത്തിൽ അങ്ങനാണ് കാണുന്നതെങ്കിലും നമ്മൾ ഒരു ദിവസം നിത്യതേ ചെല്ലും അന്ന് യേശോപ്പച്ചനെന്ത് ചെയ്യും ഈ മേശവിരിയുടെ യഥാർത്ഥ വശം നമ്മളെ കാണിക്കും കാണുന്ന ഉടനെ അയ്യോ ഇത്രയും ഭംഗിയായ ഒരു പൂ ആയിരുന്നല്ലോ ഈ പൂ ഉണ്ടാക്കാൻ വേണ്ടിയായിരുന്നല്ലോ അന്ന് അത് നിഷേധിച്ചത് നമ്മൾ മനസ്സിലാക്കും എന്നമ്മ കുഞ്ഞിനോട് പറഞ്ഞു കുഞ്ഞിനത് വ്യക്തമായി എന്നാണ് കഥ പ്രിയപ്പെട്ടവരെ നമ്മൾ പലപ്പോഴും പല കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നമ്മളെ നമ്മൾ വിചാരിക്കും അത് ദൈവം ചെയ്തു തരുന്നതല്ലായിരുന്നോ ആളുകളുടെ മുമ്പിൽ ദൈവനാമം മഹത്വപ്പെടാനും ഒക്കെ നല്ലത് അതല്ലായിരുന്നോ ഭംഗി എന്ന് നമ്മൾ വിചാരിക്കും പക്ഷെ നമ്മൾ അങ്ങനെ വിചാരിക്കുന്നത് ഈ ലോകത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ അങ്ങനെ വിചാരിക്കുന്നത് എന്നാൽ നിത്യതയിൽ നിന്ന് നോക്കുമ്പം ദൈവത്തിനറിയാം ഇവിടെ ഇത് നിഷേധിക്കുന്നതാണ് ആത്യന്തികമായിട്ട് നല്ലത് എന്നറിയാം നമ്മൾ നേരത്തെ ചിന്തിച്ച പൗലോസിന്റെ ഉദാഹരണം തന്നെ നോക്കുക പൗലോസിന് എന്തുകൊണ്ടാ ജഡത്തിലെ ആ ശൂലം ഏർ ദൈവം അനുവദിച്ചത് അവൻ നികളിച്ചു പോകാതിരിക്കാൻ നോക്കുക നിത്യതയിൽ ഏതാ നല്ലത് നിത്യതയില് നിഗളിക്കാത്ത ഒരു പൗലോസ് താഴ്മയുള്ള ഒരു പൗലോസ് അതാണ് നല്ലത് ഏർ ശൂലം ഇവിടെ ഇരുന്നോട്ടെ പക്ഷേ അതവനെ നികളത്തിൽ നിന്ന് വിടുവിക്കുമെങ്കിൽ ദൈവം അത് അനുവദിക്കും കാരണം ദൈവത്തിനാണ് ആ ആ പൗലോസിന്റെ ജീവിതം ഒരു പുഷ്പം പോലെ മനോഹരമായിട്ട് തുന്നുന്നത് ആ വശത്ത് നിന്ന് നിത്യതയിൽ നിന്ന് കാണുമ്പോൾ ദൈവത്തിനറിയാം പക്ഷെ ഇവിടെ നിന്ന് നോക്കുമ്പോഴോ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ആ ജഡത്തിലെ ശൂലം നീങ്ങാതിരിക്കുന്നതിലെ വിഷമം തോന്നാം പക്ഷേ ദൈവം എന്തു ചെയ്യുന്നു ദൈവം നിത്യതയിൽ നിന്ന് ഏർ കാണാത്തതോ അവിടെ നിന്ന് കാര്യങ്ങളെ കാണുമ്പോ ദൈവം ചെയ്യുന്നതാണ് ശരി ആ കാര്യത്തെക്കുറിച്ച് നമ്മൾ ഏകസത്യ ദൈവമായ യേശു ക്രിസ്തുവിനെ ആ നിലയിൽ അറിയുന്നത് അവിടുന്ന് ചില കാര്യങ്ങൾ നമുക്ക് തന്നു ദൈവത്തിന് സ്തോത്രം ചില കാര്യങ്ങൾ നമുക്ക് നിഷേധിച്ചു ദൈവത്തിന് സ്തോത്രം കാര്യം താൻ എന്താ ചെയ്യുന്നതെന്ന് താൻ അറിയുന്നു ആ കർത്താവിനെ നമുക്കറിയാം അവനെ നമുക്ക് വിശ്വാസമാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നിരാശപ്പെട്ടു പോകാതെ നമ്മുടെ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക കഴിയും ഇതാണ് വിശ്വാസത്തിൻ്റെ ഒരു യഥാർത്ഥത്തിൽ നമ്മളെ മുന്നോട്ട് നടത്താവുന്ന ഒരു കാഴ്ചപ്പാട് കർത്താവായ യേശു ക്രിസ്തു വിശ്വാസത്തെക്കുറിച്ച് ഏറെ പറഞ്ഞിട്ടുള്ളവനാണ് ബൈബിളിലും പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമൊക്കെ വിശ്വാസത്തെക്കുറിച്ച് പല വാക്യങ്ങളും നമ്മൾ കാണുന്നുണ്ട് നമുക്കറിയാമല്ലോ മാർട്ടിൻ ലൂഥർ എന്ന് പറയുന്ന ദൈവഭൃത്യൻ അദ്ദേഹം കത്തോലിക്കാ സഭയിൽ നിന്ന് മാറി പ്രൊട്ടസ്റ്റൻ്റ് ആ നിലയിൽ വിശ്വാസത്താലുള്ള രക്ഷയ്ക്ക് വേണ്ടി നിൽക്കാനൊക്കെ തനിക്കിടയായതെന്താ താൻ കണ്ട ഒരു വാക്യമാണ് വിശ്വാസത്തെക്കുറിച്ചുള്ള വാക്യമാണ് എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും ഹബ് കൊക്ക് രണ്ടിൻ്റെ നാലിലാണ് അത് പറഞ്ഞിരിക്കുന്നത് പഴയ നിയമത്തിലെ ഹബ് കുക്കിൻ്റെ പ്രവചനത്തിൽ രണ്ടാമധ്യായം അതിൻ്റെ നാലിലാണ് പറഞ്ഞിരിക്കുന്നത് എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും പക്ഷേ മാർട്ടിൻ ലൂധർ അത് വായിച്ചത് റോമാലേഖനത്തിൽ നിന്നാണ് റോമാലേഖനം ഒന്നിൻ്റെ പതിനേഴിൽ ആ ആ വാക്യം എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട് നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും അവിടെയാണ് മാർട്ടിൻ ലൂതർ അത് കണ്ട് ഓ വിശ്വാസത്താലാണ് മുന്നോട്ട് പോകേണ്ടത് വിശ്വാസമാണ് പ്രധാനം എന്ന കാഴ്ചപ്പാട് തനിക്കുണ്ടായത് ഗലാത്തിയർ മൂന്നിൻ്റെ പതിനൊന്നിലും നമ്മളിതേ വാക്യം തന്നെ കാണാം എബ്രായർ പത്തിൻ്റെ മുപ്പത്തെട്ടിലും എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും ആ വാക്യം കാണാം കണ്ടോ ഞാൻ പറഞ്ഞത് ഹബുക്കൊക്കെ രണ്ടിൻ്റെ നാലിൽ പഴയ നിയമത്തിൽ കണ്ട ആ വാക്യം മൂന്നിടത്ത് പുതിയ നിയമത്തിലെടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട് റോമാലേഖനത്തിലും ഗലാത്തിറിലും എബ്രായറിലും ഈ മൂന്നിടത്ത് ഉദ്ധരിച്ചത് നമ്മൾ ആ ഭാഗങ്ങൾ എടുത്ത് നോക്കിയാൽ മൂന്ന് സാഹചര്യത്തിലാണ് മൂന്ന് കോണ്ടസ്റ്റിലാണ് അത് മൂന്നിടത്ത് എന്ന് നമുക്ക് കാണാൻ കഴിയും പക്ഷേ എബ്രാഹി ലേഖനം പത്തിന്റെ മുപ്പത്തെട്ടിൽ പറയുന്നതാണ് ഹബുക്കുക്കിൽ പറയുന്നതുമായിട്ട് ചേർന്ന് പോകുന്നത് ഏർ മറ്റേത് വേറെ രണ്ട് ആത്മീയമായ സത്യങ്ങൾ വെളിപ്പെടുത്താൻ വേണ്ടിയാണ് റോമർ ഒന്നിൻ്റെ പതിനേഴിലും ഗലാത്തിയർ മൂന്നിൻ്റെ പതിനൊന്നിലും പറഞ്ഞിരിക്കുന്നത് അതേസമയം എബ്രാഹിർ പത്തിന്റെ മുപ്പത്തെട്ടിൽ പറഞ്ഞേക്കുന്നത് എന്താണെന്ന് അറിയാമോ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും പിന്മാറുന്നുവെങ്കിൽ എൻ്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത് ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്വം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്കാവശ്യം അവിടെ ഊന്നൽ എന്തിനാണ് അവിടെ ഊന്നൽ വിശ്വാസത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഒരുപക്ഷെ നടക്കാതെ വന്നാലും പിന്മാറിപ്പോകരുത് മഹാപ്രതിഫലമുള്ള ധൈര്യം തള്ളിക്കളയരുത് ഇതിനാണ് എബ്രായർ രണ്ടിൻ്റെ മുപ്പത്തെട്ട് ക്ഷമിക്കണം പത്തിൻ്റെ മുപ്പത്തെട്ടിൽ ഊന്നൽ നൽകിയിരിക്കുന്നത് ോമനിലും റോമാലേഖനത്തിലും ഗലാത്തിരിലും മറ്റ് രണ്ട് കാര്യങ്ങൾ കാണുക എന്നല്ല നമ്മൾ സമയ ചുരുക്കം കൊണ്ട് അതെടുത്ത് വായിക്കുന്നില്ല പക്ഷേ ഹബ്ക്കുക്ക് അതിൻ്റെ ഒറിജിനിൽ ചെല്ലുമ്പോൾ ഹബുക്കുക്ക് രണ്ടിൻ്റെ നാലിലും ഓ കാലം നീണ്ടു നമ്മൾ പ്രാർത്ഥിക്കുന്നതും നടന്നെന്ന് വരികയില്ല എന്നാലും എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നുള്ളതാണ് അവിടെയും പറഞ്ഞിരിക്കുന്നത് അവിടെ ബുക്കൊക്കെ രണ്ടിൻ്റെ നാല് ആ ഭാഗത്ത് പറയുന്നത് ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു സമയം തെറ്റുകയില്ല അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക അത് വരും നിശ്ചയം താമസിക്കുകയില്ല എന്നെല്ലാം പറഞ്ഞിട്ടാണ് എൻ്റെ നീതിമാൻ വിശ്വാസത്തായി ജീവിക്കും എബ് എബ്രായർ പത്തിൻ്റെ മുപ്പത്തെട്ടിലും ഓ തടവും സമ്പത്തുകളുടെ അപഹാരവും എതിർപ്പും പീഡനവും ഒക്കെ വരുന്നു പ്രതീക്ഷിക്കുന്നത് പോലെ ഇതൊന്നും മാറിപ്പോകുന്നില്ല ഇതൊക്കെ മാറിപ്പോകാനായിട്ട് പ്രാർത്ഥിച്ചിരിക്കാം പക്ഷെ അതൊന്നും മാറിപ്പോകുന്നില്ല എങ്കിലും വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകല്ലേ എന്നുള്ളതിനാണ് അവിടെ ഊന്നൽ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും ജസ്റ്റ് ഷാ ലിവ് ബൈ ഫെയ്ത്ത് നീതിമാൻ ജസ്റ്റ് ഷാ ലിവ് ബൈ ഫെയ്ത്ത് എന്നാണല്ലോ ഇംഗ്ലീഷിൽ അത് കാണുന്നത് ഞാനിത് ഒരു ഒരു സംഭവം കേട്ടിട്ടുണ്ട് ഒരു ദേവദാസൻ പറഞ്ഞു തിന്റെ ഷാൽ അങ്ങെടുത്ത് കളഞ്ഞാലും കാര്യം ശരിയാന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താ ജസ്റ്റ് ലിവ് ബൈ ഫെയ്ത്ത് വിശ്വാസത്താൽ അങ്ങ് ജീവിക്കുക നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നുള്ളത് ജസ്റ്റ് ഷാൽ ലിവ് ബൈ ഫെയ്ത്ത് എന്നുള്ളതിന്റെ ഷാൽ അങ് എടുത്ത് കളയുക ജസ്റ്റ് ലിവ് ബൈ ഫെയ്ത്ത് വിശ്വാസത്തോട് അങ്ങ് ജീവിച്ചോ ദൈവം നമ്മളെ നടത്തും അതും നല്ലതാണ് എന്നൊരു ദൈവദാസന് ഒരിക്കലും ഈ വാക്യം ഇംഗ്ലീഷിലെ പറഞ്ഞ് അതിനെ തുടർന്ന് ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നത് കേൾക്കാനിടയായി പ്രിയപ്പെട്ടവരെ നമുക്ക് നമുക്ക് എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും നമുക്ക് വിശ്വാസത്തിൽ ജീവിക്കുന്നവരാകാം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന നിലയിൽ ഒരു മറുപടി കിട്ടിയില്ലെങ്കിലും നമുക്ക് മഹാപ്രതിഫലമുള്ള നമ്മുടെ ധൈര്യം തള്ളിക്കളയരുത് വി എൻ്റെ ഉള്ളത്തിന് പ്രസാദമില്ല എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും നമുക്ക് നമ്മുടെ കർത്താവിനെ അറിയാം കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നു നമുക്ക് ഏറ്റവും നല്ലത് എന്താണെന്ന് അവിടുത്തേക്ക് അറിയാം അവിടുന്ന് നമ്മുടെ പ്രാർത്ഥനകൾക്കൊക്കെ മറുപടി നൽകുന്നു ചില പ്രാർത്ഥനകൾക്ക് നോയെന്നായിരിക്കും മറുപടി എങ്കിലും നമുക്ക് ഏകസത്യ ദൈവമായ ദൈവത്തെയും അവൻ്റെ പുത്രനായ യേശു അറിയാം അതാണ് ആ ബന്ധമാണ് വിശ്വാസത്തിന്റെ ഒരു നിലപാട് എൻ്റെ നീതി മഹൻ ജീവിക്കും നമുക്ക് കർത്താവിനോട് ചേർന്ന് കർത്താവിനെ വിശ്വസിച്ച് നമുക്ക് മുന്നോട്ട് പോകാം ദൈവം നമ്മെ സഹായിക്കും അവിടുന്ന് നമ്മെ നടത്തും വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകല്ലേ ഇന്ന് സാഹചര്യങ്ങൾ പല പ്രയാസങ്ങൾ വരുന്നു നമ്മൾ ചിലതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു പക്ഷേ നമ്മൾ വിചാരിക്കുന്ന നിലയിൽ അതിന് പെട്ടെന്നൊരു മറുപടി കിട്ടുകയില്ല അതിന് ഒരു ആശ്വാസം ലഭിച്ചില്ലെങ്കിലും എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുന്നു പിന്മാറുന്നു എങ്കിൽ എൻ്റെ ഉള്ളത്തിനവനിൽ പ്രസാദമില്ല നമുക്ക് കർത്താവിനോട് ചേർന്ന് ജീവിക്കാം ഈ ബന്ധം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം വിശ്വാസത്തിൽ നമുക്ക് മുന്നേറാം ദൈവം നമ്മോട് കൂടെ